കേവലമായ രജതസ്മൃതി പ്രവർത്തിക്ക് കാരണമല്ല പ്രവർത്തിക്കുന്ന മുമ്പിലാണ് ഹിതം എന്ന മുമ്പിൽ അറിയുന്നുണ്ട് അവിടെ രജതത്വജ്ഞാനം ഉണ്ടാവും ഏകദേശ ദർശനം കല്യ ഏകദേശം എന്ന് വെച്ചാൽ പക്ഷം പക്ഷത്തിൽ ഹേതവിന്റെ ജ്ഞാനം ഉണ്ടായാൽ മാത്രമേ അനുമാനം നടത്തുള്ളൂ പക്ഷത്തിൽ ഹേതുവിന്റെ ഞാനുണ്ടായല്ലെങ്കിൽ കേവല ഹേതു ഞാൻ അനേക ദേശദർശനം പക്ഷത്തിൽ ഭേദിക്കാനുണ്ട് എന്നാ ഭേദിക്കാനുണ്ട് അതുകൊണ്ട് അനുമാനം നടക്കില്ല അപ്പൊ ഇതം രചതം എന്നുള്ള ഞാനുണ്ടായാലേ അനുമാനിക്കാൻ പറ്റും യഥാഹ് ജ്ഞാതസംബന്ധ ഏകദേശദർശന സാധ്യവും ഹേതു തമ്മിലുള്ള വ്യാപ്തി നിശ്ചയിച്ച് ആ ഹേതു പക്ഷത്തിലുണ്ടോ എന്നറിഞ്ഞാൽ മാത്രമേ അനുമാനിക്കാൻ പറ്റൂ പർവ്വതവും അനുമാൻ ധൂമ ധൂമ് മാത്രം വ്യാപ്തി നിശ്ചയം വന്നു ആ ധൂമം പർവ്വതത്തിലുണ്ടെന്നറിഞ്ഞാൽ മാത്രമേ അനുമാനിക്കാൻ കഴിയൂ ഞാത സംബന്ധം എന്ന് വെച്ചാൽ വ്യാപ്തി ആ വ്യാപ്തി നിശ്ചയിച്ചതായ ഹേതുവിൻ്റെ ഏകദേശം പക്ഷത്തിൽ ഇവിടെ ദർശനം കണ്ടാലേ അനുമാനിക്കാൻ പറ്റും അതുപോലെ ഇതമ്മിൽ രഥത്വം ഞാൻ ഉണ്ടായി കഴിഞ്ഞാൽ രജതത്വം എന്ന് പറയുന്ന ഹേത ഉപയോഗിച്ച് അനുമാനിക്കാം രജതം ആഭരണാധികൾക്ക് ഉപകരിക്കുന്നതാണ് അപ്പോൾ രഥത്തെ കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകും ആഗ്രഹം ഉണ്ടാകുമ്പോൾ മുമ്പോട്ട് കുഞ്ഞ് പ്രവർത്തിക്കും എന്നാണ് സമാരോപേത്വ ഏകദേശ ദർശനം അസ്ഥിയിൽ ഇതമ്മിൽ രഥത്വം ഞാൻ ഉണ്ടാവണമെങ്കിൽ അവിടെ രജതത്വത്തെ ആരോപിക്കും ബ്രഹ്മ സംഭവിക്കുന്നു ഞാൻ അങ്ങനെയുണ്ടാകും വിവാദം രജതാധിജ്ഞാനം പുരോവർത്തി വസ്തുവിഷയം രജതാദ്യ പ്രവർത്തകത്വസിദ്ധമായെന്താണ് രജതാധിജ്ഞാനം വിവാദത്തിന് വിഷയമായിരിക്കുന്ന രചതാധിജ്ഞാനം എന്ന് വെച്ചാൽ ഇതം രജിതം അയം സർപ്പ ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനം ഇതാണ് വിവാദാധ്യാസിതം വിവാദാസ്പദമായിരിക്കും അല്ലെങ്കിൽ വിവാദത്തിന് വിഷയമായിരിക്കും വിവാദമുള്ളതാണ് എന്നൊക്കെ പറയാം രചിതാധിജ്ഞാനം പുരോഗസ്തു പുരവർത്തി വസ്തു പക്ഷേ മുമ്പിലുള്ള വസ്തുവാണ് അതിന്റെ വിഷയം ഇതം അവിടെ രജത്വം ഞാൻ ഉണ്ടാവുന്നു രജതാധ്യാർത്ഥിനിയവർത്ത രജതത്തെ ആഗ്രഹിക്കുന്നവന് മുമ്പിലാണ് പ്രവർത്തിക്കുന്നത് കുനിഞ്ഞെടുക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇവിടെ യ വാക്യത്തെ കാണിക്കും അങ്ങനെ പർവ്വത വന്നുമാൻ ദുമാൻ എന്ന് പറയുന്നിടത്ത് ആദ്യം എന്തു കാണിക്കുന്നു പഞ്ചാവയവാക്യങ്ങളെ തന്നെയാണ് ഹേതു ഉദാഹരണം ഉപനയൻ നിഗമനം അതാണ് കൂടിയും കാണിക്കുന്നത് ഹേതു ധൂമത്വാതി ഹേതു പ്രകൃതന്യമാൻ ധൂമാഅ അനുമാനം അവിടെ ധൂമവത്വ എന്ന് പറയുന്നത് ഹേതു പിന്നെ ഉദാഹരണം സസവന്യുമാൻ യഥാമഹാന ഉദാഹരണത്തെ കാണിക്കുന്ന വ്യാപ്തിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാപ്തി പറയുന്നു അയം തഥാച അയം തഥാചായം അയം ഈ പർവ്വതവും വന്യം വ്യാപ്തി ധൂമമാണ് വന്യയുടെ വ്യാപ്തിയുള്ള ധൂമത്തോടു കൂടിയ തസ്മാ അതുകൊണ്ട് പർവ്വതവും വന്യമാണ് അതാണ് പഞ്ചാബ് ვ allergic кови Survey andkritishing a plane Yet, they will FO on earlier. Instead, not having a plane Because having a plane, with imagination orsem material, may not have the very mental power with sharing. അതുപോലെ ഇവിടെ യഥാഭയസിദ്ധസമീചീനരജിതം പറയുന്നു വിവാദാധ്യാസിതം രചതാധിജ്ഞാനം ഒന്നാമത്തത് പുരോവർത്തി വസ്തുവിഷയം ഇതാണ് പ്രതിജ്ഞ ഇതാണ് പ്രതിജ്ഞ ആദ്യം പറയുന്നത് വിവാദാധ്യാസം രഹിതാധിജ്ഞാനം പുരോവർത്തി വസ്തു വിവാദാസ്പദമായിരിക്കുന്ന ഈ രഹിതജ്ഞാനത്തിന്റെ വിഷയം മുൻപിലാണ് പുരോവർത്തി വസ്തു ഇതം അതാണ് ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ അവിടെയാണ് രഹിതം എന്നുള്ള ഞാനുള്ള പ്രതിജ്ഞ രഥ രതാദ്യാർത്ഥിനിയ പ്രവർത്തകത്വ രജതത്തെ ആഗ്രഹിക്കുന്നവൻ മുമ്പിൽ പ്രവർത്തിക്കുന്നു നിയമേന മാറ്റമില്ല ഇത് ഹേതുവാണ് അടുത്ത ഉദാഹരണം അർത്ഥിനം എത്ര നിയമേന പ്രവർത്തിന്ന് വെച്ചാൽ ഏതൊരു ജ്ഞാനമാണോ ്ഞാനം യഥാർത്ഥം രേതത്തെ വർദ്ധിക്കുന്നവന് എത്ര എന്നുവെച്ചാൽ പുരോർത്തി മുമ്പിൽ പുരോഗത്തി വസ്തുവിൽ നിയമേന പ്രവർത്തി എപ്പോഴും പ്രവർത്തിപ്പിക്കുന്നു രേതജ്ഞാനം രേതത്തെ ആഗ്രഹിക്കുന്നവന് ഇതോ എന്ന് പറയുന്ന ആ വസ്തുവിൽ നിരന്തരം പ്രവർത്തിപ്പിക്കുന്നു അതുകൊണ്ട് തജ്ഞാനം ആ രഹിതജ്ഞാനം തദ്വിഷയം മുമ്പിലുള്ള പുരോഗത്തിയായ രഹിത വിഷയമാണ് ഏത് രഹതജ്ഞാനമാണോ യഥാർത്ഥം രഹത പുരോവൃത്തി വസ്തുക്കൾ നിയമേന പ്രവർത്തി എപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത് തജ്ഞാനം ആ രഹതജ്ഞാനം യഥാ നിഷ്ഠാന്നും പറയുന്നു വ്യാപ്തി നിഷ്ഠാന്നും പറയുന്ന യഥാ ഉഭയസിദ്ധ സമീചീന രജതജ്ഞണ്ടെന്ന് പറയുന്നവരും ഭ്രഹം ഇല്ല എന്ന് പറയുന്നവരും അംഗീകരിക്കുന്ന രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഉഭയസിദ്ധമായ സമീചീന രജതജ്ഞാനം യഥാർത്ഥ രചതന്നാണ് യഥാർത്ഥമായ രഹിത കാണുന്നവർക്കെന്താണോ അവിടെ ഇതവിടെ യോജിപ്പിക്കാം ഏതൊരു രജതജ്ഞാനമാണോ ഏതാർത്ഥ രർപ്പിക്കുന്നവനെന്താ ഹട്ടസ്ഥമായ കടയിലിരിക്കുന്ന രജതത്തിൽ നിയമേന പ്രവർത്തക രജതത്തെ ആഗ്രഹിക്കുന്നവന് അവിടെ രചതത്തെ എടുക്കാൻ പ്രവർത്തിപ്പിക്കുന്നു തജ്ഞാനം ആ യഥാർത്ഥ രേതത്തെക്കുറിച്ചുള്ള ജ്ഞാനം തദ്വിഷയം ആ യഥാർത്ഥമായ രേതമാക്കുന്ന ദൃഷ്ടാന്തത്തിൽ പറയും വസ്തുവിനെ അറിയുമ്പോ ആ വസ്തുവിനെ അയാൾ അയാൾ അവിടെ പ്രവർത്തിക്കുമെന്ന് ചുരുക്കും അതുപോലെ ബ്രഹ്മസ്ഥലത്തും രേതത്തെ ആഗ്രഹിക്കുന്നവർ കുഞ്ഞ് അതിനെ എടുക്കും യും തഥാ വന്യവ്യാപ്യ ധൂമാനായ സാധ്യവ്യാപ്യ ഹേതു കൂടിയുണ്ട് അന്യവ്യാപ്യ ധൂമെന്ന് പറഞ്ഞാൽ സാധ്യത്തിന്റെ വ്യാപ്യമായ ഹേതു ഇവിടെ ഉണ്ടെന്നാണ് ബ്രഹ്മസ്ഥലത്ത് സാധ്യത്തെ ആദ്യം പറഞ്ഞു വിവാദാധ്യാസിത രജതാതി പുരോവർത്തി വസ്തുവിഷയം രജതാതിജ്ഞാനം പുരോവർത്തി വസ്തുവിഷയം ബ്രഹ്മസ്ഥലത്തും അങ്ങനെയാണ് അവിടെ രഹിതജ്ഞാനം ഉണ്ട് അത് പുരോഗത്തി വസ്തുവിനെ വിഷയമാക്കിയാണ് ഇതം രഹിതം എന്നറിയണം ബുദ്ധി കിടക്കുന്ന അറിയണോ രഹിതാർത്ഥന തത്ര നിയമേന പ്രവർത്തക രഹിതത്തെ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്നു അതാണ് ഹേതു രജതജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥ സ്ഥലത്ത് നോക്കാം യഥാർത്ഥ സ്ഥലത്ത് രേതജ്ഞാനമുണ്ട് അത് മുമ്പിൽ കിടക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ് രേതത്തെ ആഗ്രഹിക്കുന്നവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എന്താ ഞാനുള്ളത് രതത്വാനം യഥാർത്ഥ സ്ഥലത്ത് രേതത്വാനുണ്ട് അവിടെ സാധ്യമുണ്ട് കാരണം അവിടെ രജ്ഞാനത്തിന്റെ വിഷയമായ രഹതമുണ്ട് രേതവിഷയകാനമാണ് പിന്നെ ഹേതമുണ്ട് രേതത്തെ ആഗ്രഹിക്കുന്നവൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രഹിതം അപ്പോ എന്താണ് രേതത്തെ ആഗ്രഹിക്കുന്നവൻ അവിടെ പ്രവർത്തിക്കുന്നു രഹതത്വം ഉണ്ടാകുന്നു യഥാർത്ഥ സ്ഥലത്ത് ഇതെല്ലാം ഉണ്ട് ്ഞാനമുണ്ട് മുമ്പിൽ പിന്നെ രചത്തെ ആഗ്രഹിക്കുന്നവൻ ആ രജതത്വത്തെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത് തന്നെ ഇവിടെ തഥാ ചെയ്യും അതുപോലെ തന്നെയാണ് ബ്രഹ്മസ്ഥലത്ത് ബ്രഹ്മസ്ഥലത്ത് ഒന്നാണ് അവിടെ രജതജ്ഞാനമുണ്ട് രചതജ്ഞാനമുണ്ട് പിന്നെ രജത്തെ ആഗ്രഹിക്കുന്നവൻ പ്രവർത്തിക്കുന്നുണ്ട് ബ്രഹ്മസ്ഥലത്ത് രണ്ടു തന്നു പറയുന്നു അവിടെ സാധ്യത്തിന്റെ വ്യാപ്യം ഉള്ള ഹേതുണ്ടെന്നർത്ഥം സാധ്യത്തിന്റെ വ്യാപ്തി ഹേതു എന്ന് പറയുന്നത് സാധ്യത്തിന്റെ വ്യാപ്തിയുള്ള ഹേതു രേതേ സാധ്യമെന്ന് പറയുന്നത് എന്താണോ പുരോഗത്തി വസ്തുവിഷയമായ രേതജ്ഞാണ് അതിന്റെ വ്യാപ്തി എവിടെ വന്നു രേതത്വത്തിൽ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്ന അവിടെ പ്രവർത്തിക്കുന്നു തഥാ ചെയ്യുന്നു അതുകൊണ്ടെന്താണ് രേതാധിജ്ഞാനം സാധ്യത്തെ പറയാനും ആ രേതജ്ഞാനം പുരോഗത്തി വസ്തുവിഷയാണ് ഇതാണ് സത്യം ബ്രഹ്മസ്ഥലത്തുണ്ടായ രേതജ്ഞാനത്തിന്റെ വിഷയം ഉണ്ണിക്കിടക്കുന്ന വസ്തുവാണ് ം പുരവർത്തി വസ്തുവിഷയമാണ് ഇങ്ങനെ പഞ്ചാവവാക്യങ്ങളിലൂടെ വളരെ താർക്ക്യങ്ങൾ സമർത്ഥിച്ചിരിക്കുകയാണ് ബർമ്മസ്ഥലത്ത് ഒരാൾക്ക് രഹിതജ്ഞാനമുണ്ട് അതിന്റെ വിഷയം മുമ്പിക്കിടക്കുന്ന ആരോപിതമായ രഹിതമാണ് അതുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്ന ഒരാളോട് പ്രവർത്തി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതം രഹിതം എന്നു പറയുന്ന സ്ഥലത്ത് ആരോപിതമായൊരു രഹിതമുണ്ട് ഇതരം എന്ന് പറയുന്നത് രജതം എന്ന് പറയുന്ന ഒരു സ്മൃതിയല്ല ആരോപിതമായ രകതത്തിന്റെ പ്രത്യക്ഷം ഞാൻ മെച്ച ഉക്തം അനവഭാസമാനതയ എന്ന ശുക്തിൽ നേരത്തെ മുഖ്യാധിവാദി പറഞ്ഞു ഈ ബ്രഹ്മസ്ഥലത്ത് ഉണ്ടാകുന്ന രജതജ്ഞാനത്തിന്റെ ആശ്രയമായി അവിടെ ശുക്തി അല്ല കാരണം ശുക്തി അറിയുന്നില്ല ശുദ്ധി അറിഞ്ഞ രഹതജ്ഞാന ശുക്തി അവിടെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് അവിടുത്തെ രജതജ്ഞാനത്തിന്റെ ആശ്രയം ഈതം എന്ന് പറയുന്നത് മുമ്പിലുള്ള വസ്തു ശുദ്ധിയാണോ അതറിയുന്നത് ശുദ്ധിയാണ് അതിനറിയുന്നില്ല എന്തെങ്കിലാണ് രേതം എന്ന് പറയുന്നത് ആശ്രയം ശക്തിയാകുന്നതാണ് ഒരു പക്ഷെ നേരത്തെ ചോദിച്ചു എന്നു പറഞ്ഞ എന്താണ് അനവഭാസമാനത്തെയ ശുതി അനുഭവപ്പെടാത്തത് കൊണ്ട് അനവഭാസം എന്ന് വെച്ചാൽ അനുഭവപ്പെടാതെ എന്തിനാ ശക്തി ശുക്തിരാലംബനം ഇതം രേതോ എന്ന് പറയുന്ന സ്ഥലത്ത് ആ രേതജ്ഞാനത്തിന് ബ്രഹ്മസ്ഥലത്ത് ശുക്തിയല്ല എന്റെ ആശയം എന്ന് പറഞ്ഞു എന്നേരത്തെ അഖ്യാധികാരി പറഞ്ഞു അപ്പൊ കാർക്കീയൻ അവരോട് തത്ര ഭവൻ പൃഷ്ടോ വ്യാജഷ്ടം തത്ര ഭവൻ എന്ന് പറയുന്നൊരു പ്രയോഗം ാണ് ചോദ്യത്തിനും മറുപടി പറയുക അങ്ങോട്ട് ഞങ്ങൾ ചോദിച്ചു ഒന്ന് വിശദീകരിക്കുക ഞങ്ങൾ ചോദ്യത്തിന് മറുപടി പറയുക എന്താണ് ചോദ്യം ഇതം രജമതി രജതമിതി ജ്ഞാനം പത്തി അനാലംബനത്വം ശരി ശുക്തികത്വം അവിടെ കിടക്കുന്ന ശക്തികാത്വം അല്ലെങ്കിൽ ശക്തിത്വം ഇതം രേതം എന്ന് പറയുന്ന ജ്ഞാനത്തിന് ആശ്രയമല്ലെന്നാണ് ഞങ്ങള് പറയുന്നത് അതായത് ഇതം രേതെന്ന് പറയുന്ന ജ്ഞാനത്തിന് ആശ്രയം ശുക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുക്തിത്വത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതം രേതെന്ന ജ്ഞാനം ഉണ്ടാവുന്നത് ഈ ജ്ഞാനത്തിന്റെ ആശ്രയം ശുക്തിത്വമാണെന്നാണ് ഞങ്ങള് പറയുന്നത് ും ശുദ്ധിത്വസ്യബിലെത്തി ആശ്രയമാണോ അത് അനാശ്രയമാണ് അനാലംബനം അനാലംബനം ആർക്കും പറയാൻ പറ്റില്ല ഇതം രഹിതെന്ന് പറയുന്ന ആ ഞാനത്തിന്റെ ആശ്രയം ശുക്തിത്വമാണെന്ന് അങ്ങനെ ശുദ്ധിത്വം ഞാനുണ്ടാകും പിന്നെ ഇത്രേ പറയാൻ പറ്റൂ ഇതം രഹിതം എന്ന് പറയുന്ന ആ ഞാനത്തിന്റെ ആലംബനം അനാലംബനമാണ് ശക്തിത്വം അങ്ങനെ പറയാം ആലംബനമാണെന്ന് പറയാൻ പറ്റില്ല ശുദ്ധി ഞാനില്ലാത്തതാണ് അപ്പൊ ഇതം പ്രേതം എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ എന്ന് പറയാം അതിന്റെ ആശ്രയമല്ല എന്നാണോ പറയുന്നത് തർക്കംവാദിയോട് ചോദിക്കുകയാണ് ശക്തിത്വം അല്ല എന്റെ ആശ്രയം എന്നാണോ പറയുന്നത് അഹോ മറിച്ച് ദ്രവ്യമാത്ര പുരസ്ഥിതാസുരസ്യ പറയുന്നത് അവിടെ മുമ്പ് കിടക്കുന്ന കേവലമായൊരു ദ്രവ്യം സ്ഥിതഭാസ്വര തിളക്കമുള്ള പുരസ്ഥിത മുമ്പിലുള്ളവരെ ദ്രവ്യമാണോ അതിന്റെ ആശ്രയം ശുക്തിത്വം അല്ല ദ്രവ്യമാണോ ഏതാണോ ശുക്തിത്വമാണോ ശുക്തിത്വമാണോ അല്ലയോദ്രവ്യമാണോ അല്ലേ ധർമ്മസ്ഥലത്ത് ഒരാൾ ഈതന്റെ ജതമൊന്നും അനുഭവം ഉണ്ടാകുമ്പോൾ ആ രഹിതജ്ഞാനത്തിന്റെ ആശ്രയം അവിടുത്തെ ശുക്തിത്വമാണോ അതോ കേവലം തിളങ്ങുന്ന ഒരു വസ്തുവാണോ ഞാൻ ശുക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിത്വം ഞാനും ഉണ്ടാവും കേവലം തിളങ്ങുന്ന ഒരു വസ്തുവെന്ന് പറഞ്ഞാൽ ഇത് എന്ന ഞാനും മതി ഇത് ഏതാ സംഭവിച്ചതെന്നാണ് ർക്കിയും ചോദിക്കുന്നു പറഞ്ഞു ശുക്തികാത്വസ്യതം രചനവിധി ജ്ഞാനം ആലംബനത്വം ആലംബനത്തോ അങ്ങനെയൊക്കെ ആലംബനത്തോന്ന് വെച്ചാൽ അത് നിഷേധിക്കാം ആലംബനത്വം നടത്താൻ ഇങ്ങനെയാണ് ഇതാണ് ശുദ്ധിത്വമാണോ ശുദ്ധികൾ ശുക്തിത്വം അതാണോ ഇതം രഹിതം എന്ന് പറയുന്നത് ഞാനത്തിൽ ആ രഥത്തിന്റെ ആലംബനം ആശ്രയം ശുക്തിത്വമാണോ ആണെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞാൽ ശുദ്ധിത്വത്തെ അറിയുന്നു രഹിതം ഞാൻ അതോ മുൻപിക്കിടങ്ങുന്നവർ തിളങ്ങുന്ന വസ്തു ആണോ എന്താണ് അത് പറയാം കാരണം നമ്പിത്തിളങ്ങുന്ന വസ്തുവ ആദ്യത്തെ പക്ഷം കൊടുക്കുകയാണ് ഇതെന്ന് രഹിതെന്നും ഞാനുണ്ടാവുന്നു ആ ജ്ഞാനത്തിന്റെ ആശ്രയ ശുക്തിത്വമാണ് ശുദ്ധി അറിയുമ്പോഴാണ് ഇതെന്ന് ഞാനുണ്ടാകുന്ന വരും അതാണോ ചോദിക്കണം അത് ശുക്തികത്വ അനാലംബനത്വം ശുക്തിത്വമല്ല ആലംബനം എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ അപ്പൊ ഒരിക്കലും പ്രഖ്യാതിവാദി പറയത്തില്ല ഇത് രചതം എന്ന് പറയുന്നിടത്ത് ആ രേതജ്ഞാനത്തിൻ്റെ ആശ്രയം ശുക്തിത്വമാണെന്ന് പറയത്തില്ല കാരണം ശക്തിത്വ അനുഭവം ഇല്ലാത്ത പറയുന്നത് ശക്തികാത്വ അനാലംബന ശക്തികാത്വം ആലംബനം അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അദ്ധ എന്ന് വെച്ചത് അംഗീകരിച്ചു അത് ഞങ്ങൾ സമ്മതിച്ചു അർത്ഥം അംഗീകരിച്ചു എന്നാണ് അർദ്ധാംഗീകാരത്തിന് ഹിതം എന്ന് പറയുന്നിടത്ത് രഹിതജ്ഞാനത്തിന്റെ ആശ്രയം ശുക്തിത്വം അല്ല അത് സംബന്ധിച്ചു ഉത്തരസ്യ അനാലംബനത്വം ധ്രുവസ്യാണ് തഥൈവ അനുഭവം പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നത് എന്താണോ ഇതരഹിതം എന്ന് പറയുന്ന അനുഭവത്തിന്റെ ആശ്രയമായിരിക്കും അവിടെയുള്ള തിളങ്ങുന്ന വസ്തുവാണ് ശുക്തിത്വം എന്ന് അറിയുന്നില്ല തിളങ്ങുന്ന അത് ആശ്രയിക്കേണ്ടി അതിനംഗീകരിക്കേണ്ടി ഉത്തരസിന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ദ്രവ്യമാത്ര സ്ഥിതം തിളങ്ങുന്ന ഒരു വസ്തു ആശ്രയമല്ല അനാലംബനത്വം തിളങ്ങുന്ന വസ്തു അവിടെ ആശ്രയം എല്ലാം നിറഞ്ഞ എന്ന് ദുർവാണസി പറയുന്നത് താങ്കൾക്ക് തഥൈവ അനുഭവവിരോധ താങ്കൾക്കത് അനുഭവത്തിന് വിരോധമായും കാരണം ഇതം രഹിതമെന്ന് അറിയുന്നിടത്ത് ആ അറിയുന്ന ആള് മുമ്പിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ അറിയും അംഗീകരിച്ചേ പറ്റും ശുക്തിത്വമായിട്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ ശുക്തിത്വമായിട്ട് അറിഞ്ഞാൽ ബ്രഹ്മില്ല പക്ഷെ മുമ്പിൽ കിടക്കുന്ന തിളങ്ങുന്ന വസ്തുവിനെ അറിയുന്നുണ്ട് വസ്കരിച്ചേ പറ്റുന്നുണ്ട് താർക്കിയും പറയുന്നു അത് വിശദീകരിക്കുന്നു രജതം ഇതമിത്യനുഭവൻ അനുഭവിത പുരോവർത്തി വസ്തു അങ്കുല്യാദിനർദ്ദിശ് എന്താണ് ഈ ബ്രഹ്മസ്ഥലത്ത് സംഭവിക്കുന്നത് പറയുന്നു ഇത രജതം എന്ന് അറിയുന്നു വിരൽ കൊണ്ടായാലും ചൂണ്ടിക്കാണിക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് തർക്കികം പറയുന്നത് ഭ്രാന്തി അംഗീകരിച്ചു ഹി രജതം ഇതമിത്യ അനുഭവൻ ഇതം രജതം അനുഭവിക്കുന്നവൻ പുരോവർത്തി വസ്തു മുമ്പിൽ പടക്കുന്ന വസ്തുവിനെ അങ്കുല് വ്യാധിനാ നിർദ്ദിശതി വിരള് ചൂണ്ടി എന്ത് അല്ലെങ്കിൽ ഏതെങ്കിലും അംഗ ചേഷ്ടകൾ കൊണ്ട് കാണിക്കുന്നു അല്ലെങ്കിൽ നാക്കുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കുന്നു ഇതാ രചതവും ഇപ്പൊ രഥത്തെ കാണുന്നവൻ വിരൽ ചൂണ്ടി മുമ്പിലേക്ക് വസ്തുവിനെ കാണിക്കുകയാണ് അതുകൊണ്ട് എന്ത് മനസിലാക്കണം ഇതം രചതെന്ന് ബ്രഹ്മസ്ഥലത്ത് ആ വ്യക്തി മുമ്പിലേക്ക് വിരൽ ചൂണ്ടി ഇതാ എന്ന് പറയുന്നതുകൊണ്ട് അവിടെ രജതമുണ്ട് അവിടെ എങ്ങനെ രഹിതമുണ്ടാവും എങ്ങനെയുണ്ടാകും അവിടെ ആരോപിക്കും ഭ്രമം കൊണ്ട് അവിടെ ആരോപിക്കും ആരോപിതമായ രഹത അവിടെ ഉണ്ടെന്ന് തന്നെ സ്വീകരിക്കണം അതുകൊണ്ടാണ് അയാൾ അത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ കുഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് താർക്കയും പറയുന്ന ഭ്രമം സിദ്ധാന്തം പറയുന്നത് ദുഷ്ടഞ്ച ദുഷ്ടാനാം കാരണാനാം ഔസർഗിക കാര്യപ്രതിബന്ധേന കാര്യാന്തര ഉപജനമാണ് ഇത് മുമ്പ് പറഞ്ഞൊരു കാര്യത്തിൽ മറുപടി പറയാഖ്യാതിയായി പറഞ്ഞു കാണോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് യഥാർത്ഥമായ ജ്ഞാനമേ ഉണ്ടാകത്തുള്ള ഹിതം രേതം എന്ന് പറയുന്നിടത്ത് ഇന്ദ്രിയവും ഹിതവുമായിട്ട് സന്നിഹർഷവും ഇന്ദ്രിയ സന്നികർഷം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവണം പിന്നെ ഇവിടെ എങ്ങനെ മിഥ്യാജ്ഞാനം ഉണ്ടാവും ഭ്രാന്തി എങ്ങനെ ഉണ്ടാവും ഇന്ദ്രിയങ്ങൾ യഥാർത്ഥ ജ്ഞാനത്തേനാണ് ഉണ്ടാക്കേണ്ടത് അപ്പോ അതിന് താർക്കികം പറഞ്ഞു ദോഷസൈതാനാം ദേശം മിഥ്യാപ്രയും ദോഷം ഉണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഭ്രാന്തി ഉണ്ടാവും ഒരു വസ്തുവായിട്ട് ഇന്ദ്രിയ സന്നിരക്ഷം ഉണ്ടായി പക്ഷെ അവിടെ എന്തെങ്കിലും ദോഷം മന്ദാന്ധകാരം ദുരാഗ്രഹം പോലെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ സർപ്പജ്ഞാനവും രഹിതജ്ഞാനവും ഉണ്ടാകും അതിനെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ രഹിതജ്ഞാനം ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്നത് ഈ രാഗ്രഹം പോലുള്ള ദോഷങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് അതിനെ അഖ്യാതിവാദി ഖണ്ഡിച്ച് അവർ പറഞ്ഞു ദോഷാണോ കാര്യ ഉപചന സാമർഥ്യം വിഖാത മാത്രേക്കൂ അത് ശരിയാണ് ദോഷം വന്നു കാര്യം ഉണ്ടാകത്തില്ല അതാ സംഭവിക്കുന്നു അനുദാനം പറഞ്ഞു അന്യഥ ദുഷ്ടാദവി കുടജീത വടാങ്കരോത്പത്തി മാവിന്റെ അണ്ടി മാങ്ങയണ്ടി അത് എലിയൊടിച്ച് കേടായി കേടായി കഴിഞ്ഞു അതിൽ നിന്ന് മാങ്ങ മാ ഉണ്ടാകത്തില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ നിന്ന് തെങ്ങുണ്ടാകത്തില്ല തർക്കം പറയുന്ന എന്താണ് കാരണം ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ മുമ്പിക്കിടക്കുന്ന ശുദ്ധിജ്ഞാനത്തിന് പകരം രഹതജ്ഞാനം ഉണ്ടാകുന്നു അതൊരിക്കലും സംഭവിക്കില്ല ദോഷമുണ്ടെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല അത്രേ ഉള്ളു അതുകൊണ്ടാണ് എന്ത് തേങ്ങ കേടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാങ്ങ ഉണ്ടാകത്തില്ല തേങ്ങ കേടായാൽ തെങ്ങുണ്ടാകത്തില്ല അത്ര അതായത് മാങ്ങ ഉണ്ടാകും മാങ്ങണ്ടാകത്തില്ല അതിന് സമാധാനം പറയാണ് നിങ്ങളാ പറയുന്നത് ശരിയല്ല അതായത് ഇന്ദ്രിയം കരണം അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ശരിയല്ല അതിനാണ് തേങ്ങയുടെയും മാങ്ങയുടെ ഒക്കെ ഉദാഹരണം പറഞ്ഞത് കടായവത്തിൽ നിന്ന് പുതിയൊരു ഫലം ഉണ്ടാകില്ല പറയുന്നു പക്ഷെ അതങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല എന്താണ് ദുഷ്ടഞ്ച ഇങ്ങനെയും നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്താണ് ദുഷ്ടാനാം കാരണാനാം ഔസർഗിക കാര്യപ്രതിബന്ധന കാര്യാന്തര ഉപജന ദുഷ്ട കാരണങ്ങൾ എന്നുവെച്ചാ ദോഷം വന്ന കാരണങ്ങൾ ഔസർഗിക കാര്യപ്രതിബന്ധം അതിൽ നിന്നുണ്ടാകേണ്ട മുഖ്യമായ കാര്യത്തിനത് പ്രതിബന്ധം ഉണ്ടാക്കിയിട്ട് കാര്യാന്തര ഭജന സമ വേറെ കാര്യങ്ങളെ ഉണ്ടാക്കണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ കേടായ മാവുണ്ടാകില്ല എന്ന് പറഞ്ഞു തേങ്ങ കേടായിക്കഴിഞ്ഞാൽ എന്താണ് തെങ്ങുണ്ടാകത്തില്ല പക്ഷെ വേറെ കാര്യങ്ങളുണ്ടാകും അതിന് ഉദാഹരണം പറയുന്നു ദുഷ്ടഞ്ച കണ്ടിട്ടുണ്ട് ദുഷ്ടാനാം കാരണാന കാരണങ്ങൾക്ക് ദോഷം വന്നുകഴിഞ്ഞാൽ ഔസർഗിക കാര്യപ്രതിബന്ധേന അതിൽ നിന്നുണ്ടാകേണ്ട മുഖ്യകാര്യം ഉണ്ടാകത്തില്ല പക്ഷേ കാര്യാന്തര ഉപജന സമൃദ്ധി വേറെ കാര്യമുണ്ടാകും അതിനെന്താ ഉദാഹരണം യഥാ ദാവാഗ്നി ദേത്ര ബീജാനാം കതലീകാണ്ട ജനകത്വം അതിനൊരു ഉദാഹരണം പറയു കാട്ടെയിൽപ്പെട്ട് മുളയേരി വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വാഴ കന്നു കിളിച്ചു വരും എന്നാണ് കാട്ടുതീയിൽപ്പെട്ട് മുളയരി വെന്ത് കഴിഞ്ഞാൽ ഉണ്ടായി വരും വാഴക്കന്നിങ്ങനെ കിളിച്ചു വരും എന്നാണ് ഇപ്പൊ എന്താണ് ശരിക്കും മുളയരിയിൽ നിന്ന് എന്താ ഉണ്ടാവേണ്ടത് മുളയാണ് അപ്പൊ ഔസർഗിക കാര്യം അതിന് പ്രതിബന്ധം ഉണ്ടാവുകൊണ്ട് അത് ഉണ്ടാവില്ല പകരം മറ്റൊരു കാര്യാന്തരം മറ്റൊരു കാര്യം ഉണ്ടാവില്ല എന്താണ് പഴക്കം പോയാണോ സഞ്ചരിച്ചിട്ടുണ്ട് ഏതെഴുതിയിരിക്കാനം ഏത്ര ബീജാണ് ഏത്രബിജം എന്ന് വെച്ച മുളെ അരിയോ അല്ലെങ്കിൽ ചൂരലിന്റെ അരിയോ ദാവാഗ്രിയം വെച്ച കാട്ടുരി കൊണ്ട് ദഹിച്ചു കഴിഞ്ഞാൽ കഥളയും കാണത്തുവച്ച വാഴക്കട ഇത് ഈ പഴയ പല ഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം കേട്ടോ ഇവിടെ മാത്രമാണ് പലയിടത്തും വരുക ന്യായശാസ്ത്രത്തിലൊക്കെ വരുന്നില്ല ഇങ്ങനെ ഒരു ഉദാഹരണം പറയാൻ കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കാട്ടുരി മുളയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ മുളയെല്ലാം കരിയും മുളയുടെ വിത്തും കരിയും പക്ഷെ കാട്ടുതീ വന്ന് ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാമ്പലെല്ലാം വളമാവും അവിടെത്തന്നെ വളമാവും വളമായി കഴിഞ്ഞ അടുത്ത് മഴ പെയ്യുമ്പോൾ ഈ മുള തന്നെ എന്തു ചെയ്യും വളരെ വലുതായി വലുപ്പത്തിൽ ശക്തിയോടെ പിടിച്ചു വരും ഇത് കണ്ടിട്ട് പണ്ടാരം ഒരാളോട് ഇതാ ഇവിടെ എന്തു വരുന്നു വാഴ ഇടിച്ചു വരുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ടതിന്റെ വലിപ്പം പഴയതിനും വലിയ വലുപ്പത്തിൽ വിളിച്ച് പണ്ടാരോ കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതെ പണ്ടാരോ പറഞ്ഞു കേട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു നൂറ്റാണ്ടുകളായി ഇങ്ങനെ ഈ പറയുന്ന എല്ലാ പണ്ഡിതന്മാരും ആവർത്തിച്ചു പറയുകയാണ് ഇതൊരു എന്താണ് ഒരു വിഭ്രാന്തിയോ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുമെന്നാണ് ഇത് ഇങ്ങനെയുള്ള മണ്ഡലത്തിലുള്ള ഈ ആചാര്യന്മാരെല്ലാരും പറയും ശങ്കരാചാര്യ ഉൾപ്പെടെ ഇതിന്റെ ആചാരന്മാരാണ് അപ്പൊ ഭയങ്കര ബുദ്ധിമാന്മാരാണ് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കില്ല അത്രയും കടത്ത കാര്യങ്ങളാണ് പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും ഇതുപോലെയുള്ള പറയും അപ്പൊ ബുദ്ധിമാന്മാർക്ക് എന്ത് പറ്റും ഭയങ്കര മണ്ടത്തരങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഈ ഏതെങ്കിലും ഒരു ആചാര്യന് ഇങ്ങനെ ഒരു ഭ്രമം വന്ന് എവിടെ ഇങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്നവരൊന്നും പിന്നെ അത് പരിശോധിക്കാൻ പോകത്തില്ല എന്തുകൊണ്ട് അതുപോലെ അതുപോലെ ഒരു ഭയങ്കര അബദ്ധം പിന്നെ ഡോക്ടർ മാസം ഒരാളെന്തെങ്കിലും പറഞ്ഞു വെച്ചു കഴിഞ്ഞേദത്തിൽ പറഞ്ഞു പറഞ്ഞാൽ അത് ശരിയാണ് അത് വരോട് ചോദിച്ച എന്തുകൊണ്ട് നിങ്ങളതിങ്ങനെ എഴുതി എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചത് അത് പരിശോധിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഈ ന്യായശാസ്ത്രം എഴുതിയിരിക്കുന്ന ആള് സർവജ്ഞനാണ് സർവജ്ഞനായ ഒരാളെന്താണ് ഒരിക്കലും അബദ്ധം അയാൾക്കൊരിക്കലും അബദ്ധം പറ്റത്തില്ല അതുകൊണ്ട് അതിന് പരിശോധിച്ച് നോക്കേണ്ട കാര്യമില്ല മുഴുവൻ സത്യമാണ് പിന്നെന്താണ് ഈ ശിഷ്യന്മാരെന്ന് പറയുന്ന ആ പരമ്പരയിൽ വരുന്നവരാണ് ഇതിൽ ആചാര്യം പറയുന്ന അബദ്ധങ്ങളെല്ലാം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും സ്വീകരിക്കേണ്ടി വരും തള്ളിക്കളഞ്ഞാൽ അത് ആചാര്യനെ തള്ളിക്കളഞ്ഞാ അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ തിരുത്തുന്ന ഭാഗങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ വസ്തുനിഷ്ഠമായ യാഥാർഥ്യങ്ങൾ പറയുമ്പോൾ അതിനെ വീണ്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാതെ പഴയ ആചാര്യം പറഞ്ഞെങ്കിൽ അത് സത്യമാണ് പഴയ കാലത്തുള്ള ആൾക്കാർ പറഞ്ഞ അതൊന്നും പാഴാകത്തിന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഇത്തരം അബദ്ധങ്ങളും ഈ വലിയ പണ്ഡിതന്മാര് ഇവർക്ക് ബുദ്ധിയില്ലാത്തോണ്ടാണ് ഏ ബുദ്ധിയില്ലാത്തതു കൊണ്ടാണ് ഇവർ പറയുന്ന കാര്യം നമുക്ക് മനസിലാവും അപ്പോ ഇതാണ് ഇന്നും കാണുന്ന ഇന്ന് കാണുന്ന എങ്ങനെയാണ് വലിയ വലിയ സയന്റിസ്റ്റുകളൊക്കെ മഹാ അന്ധവിശ്വാസികളായി അപ്പോ അവർക്ക് ഈ സയന്റിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് അന്ധവിശ്വാസം ഇതുപോലെ തന്നെയാണ് ഇവരൊക്കെ പഴയ സയന്റിസ്റ്റുകളാണ് എന്തുകൊണ്ട് ചില രൂഢമൂലമായ വിശ്വാസങ്ങളും ഈ സയന്റിസ്റ്റുകളും പിടിച്ചു തൂങ്ങി ഒരു സയന്റിസ്റ്റ് അത് ഒരു അന്ധവിശ്വാസത്തെ ശരിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് ശരിയായിക്കൊള്ളുന്നു എന്ന് ധരിക്കരുത് കാരണം സയന്റിസ്റ്റുകളിലും എങ്ങനെയുണ്ട് അന്ധവിശ്വാസികളുണ്ട് അപ്പൊ സയന്റിസ്റ്റ് പറഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു അതുകൊണ്ടെന്താണോ സയൻസ്റ്റീൻ പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഒരിക്കലും ധരിക്കാൻ പറയുന്നത് അതുകൊണ്ട് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ സയൻസിൽ അതും വലിയ പണ്ഡിതനാണ് പക്ഷെ ഐൻസ്റ്റീൻ ഇതുപോലെയുള്ള മൂഢവിശ്വാസങ്ങൾ അനുസ്റ്റീന് കാണും ന്യൂട്ടന് കാണും ന്യൂട്ടൻ വലിയ സയന്റിസ്റ്റായിരുന്നു പക്ഷെ ന്യൂട്ടൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താണോ ചെമ്പിനെങ്ങനെ സ്വർണമാക്കാം ഇങ്ങനെയുള്ള വിദ്യകൾ ബൈബിളിൽ നിന്നും പ്രപഞ്ചരഹസ്യം എങ്ങനെ കണ്ടുപിടിക്കാം ഇങ്ങനെയുള്ള വെറും അബദ്ധവിശ്വാസങ്ങളുടെ കൂടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് സയന്റിസ്റ്റോ മനുഷ്യന്റെ അറിവ് വേറെയാണ് വിശ്വാസം വേറെയാണ് അറിവ് ഒരു ഭാഗത്തൂടെ സഞ്ചരിക്കും വിശ്വാസം വേറൊരു ഭാഗത്തൂടെ സഞ്ചരിക്കും അവരറിയുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ ഗവേഷം നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായ അറിവാണ് അതേപോലെ തന്നെ എന്തെങ്കിലും വളരെ മൂഢമായ വിശ്വാസങ്ങൾ അവരെല്ലാം ഇന്നത്തെ ആധുനിക സയന്റിസ്റ്റുകളായാലും ഈ വാചസ്പതി മിശ്രനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ബുദ്ധിമാന്മാരായാലും എല്ലായിടത്തും ഇതാണ് അതുകൊണ്ട് വാചസ്പതി മിശ്രം പറഞ്ഞതിന്റെ ഇത്രയും പണ്ഡിത ബുദ്ധിമുട്ടാണ് അത് അബദ്ധമാവും എന്ന് ചിന്തിക്കരുത് ഏത് പണ്ഡിതനും ഏത് ബുദ്ധിമാനും എന്തു പറ്റും ഒരബദ്ധം എവിടെയെങ്കിലും നോക്കും എപ്പോഴും പറ്റിക്കൊണ്ടേ ഇതുപോലെ ഇനിയും ഒരുപാട് അബദ്ധങ്ങൾ പറയും ഇത് തുടങ്ങിയതേയാണ് നാട്ടിൽ പറഞ്ഞ് വരുന്ന അന്ധവിശ്വാസം ഇപ്പൊ ഈ മരത്തിന്റെ മേളിലൊരു പ്രേന ഇരിപ്പുണ്ടെന്ന് അത് ഉണ്ടോ ഇല്ലയെന്നവര് പരീക്ഷിക്കാൻ പോകും അപ്തവാക്യം പറഞ്ഞ ആരാണെന്ന് നോക്കും പറഞ്ഞില്ലാരാണ് എന്നാ അവിടെ ഇപ്പുണ്ട് ഇത്രയാണ് അപ്പൊ പറയുന്ന ആളിന്റെ വ്യക്തിയുടെ പ്രാമാണെച്ചുകൊണ്ട് ഒന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ എന്താണ് പറയുന്ന കാര്യത്തിന്റെ അടിസ്ഥാനപരമായ ശാസ്ത്രീയ തത്വം എന്താണ് അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇത് രണ്ടും നോക്കണം അന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ആര് പറഞ്ഞാലും ശരി പറയുന്ന കാര്യങ്ങൾ എന്ത് ശാസ്ത്രീയ അടിത്തറയിലാണ് പറയുന്നത് രണ്ട് അതിനെന്ത് തെളിവുണ്ട് ണ്ടെങ്കിൽ ആര് പറയുന്നതും വിശ്വസിക്കാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല വിശ്വസിക്കാൻ പോകുന്നില്ല സ്വീകരിക്കാൻ പാടുന്നു അല്ലാത്ത തള്ളികളില്ല വ്യക്തിയുടെ പ്രാമാണ അതല്ല സ്വീകരിക്കണം പറയുന്നതിന്റെ പിന്നിലുള്ള സിദ്ധാന്തം എന്താണ് പറയുന്നതിന്റെ തെളിവെന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ വരുമ്പോൾ ശാസ്ത്രജ്ഞന്മാരബദ്ധം പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടിയൊരു തള്ളികളയുണ്ട് പല ശാസ്ത്രജ്ഞന്മാരും ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസം ഒക്കെ അബദ്ധം തന്നെയാണ് ശാസ്ത്രജ്ഞനാണ് നമ്മള് ചെയ്യുന്നത് അതുപോലെയാണ് വാജസ്പിഷൻ പറയുന്നത് എന്താണ് മുളയരി കത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത്തവാഴ ഉണ്ടാവും അപ്പൊ ഇത് ഓരോ ഭാഗത്തും നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ 재미 <coughs>